നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കേരളത്തിലൊക്കെ അനുഭവിക്കുന്ന പല കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ മധ്യത്തിൽ അവിടെ ദൈവജനം നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ജോജിബഹാറ് നമ്മുടെ ദൈവജനത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു നമ്മളതി രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായ ഒരു വാക്യം അത് നാം വായിക്കുകയുണ്ടായി എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം രണ്ട് ദിന വൃത്താന്തം ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ നിർഭാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിൻ്റെ സൗഖ്യം വരുത്തി കൊടുക്കും എന്ന് ആ വാക്യം നാം വായിച്ചു അതുമാത്രമല്ല സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൽ നിന്ന് ബ്രദറ് നമ്മോട് സംസാരിച്ചു അവിടെയും ഒരു എൻ്റെ മുഖം അന്വേഷിക്കുവിൻ എട്ടാം വാക്യം ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യം എൻ്റെ മുഖം അന്വേഷിക്കുവീൻ നിന്നിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു അങ്ങനെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനുള്ള ഒരു കല്പനയാണ് നമ്മുടെ ചുറ്റിനുമുള്ള ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ളത് എന്ന് ബ്രതർ പറയുകയും അതിനോട് ചേർന്ന് ഈ സങ്കീർത്തനക്കാരൻ്റെ പ്രതികരണം പോലെ സങ്കീർത്തനക്കാരൻ പറയുന്നു കർത്താവെ അതുകൊണ്ട് ഇതാ യഹോവിയെ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നിന്റെ മുഖം എനിക്ക് മറക്കരുതേ എന്ന് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞു അതുകൊണ്ട് അതിനെ തുടർന്ന് ഈ സങ്കീർത്തനക്കാരൻ്റെ ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഞാൻ യഹോവിയോട് ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവിയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ എഹോബയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ അപ്പോൾ തൻ്റെ ഈ സംഗീർജനക്കാരൻ്റെ ജീവിതത്തിൽ ഈ യഹോബയുടെ മുഖം അന്വേഷിക്കുവാനുള്ള ആ കല്പന കിട്ടിയപ്പോൾ അവൻ അതിനോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയും അവൻ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയും യഖോബയുടെ മുഖം അന്വേഷിക്കുകയും ചെയ്യുന്നു കർത്താവെ ഞാൻ ഒരു കാര്യമാണ് അങ്ങയോടെ അപേക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറയും അപ്പോൾ ബ്രദറ് ഈ വാക്യങ്ങളിലൂടെയൊക്കെ നമ്മോട് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവമുഖം അന്വേഷിക്കുക അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏകാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുക നമ്മുടെ ഇരു എല്ലാം വിട്ട് നാം ഏകാഗ്രതയോടെ കർത്താവിനെ അന്വേഷിക്കുക എന്ന് ഒക്കെ നാം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുകയുണ്ടായി നാം അതുപോ അതിനോട് തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെ നമുക്ക് തുടർന്നും നമുക്ക് ചിന്തിക്കാം നാം രണ്ടു ഗുരുന്തീർ പതിനൊന്നാം അധ്യായത്തിലും പൗലൂസിൻ്റെ ഹൃദയത്തിലെ ഒരു ഭാരം അങ്ങനെയാണ് രണ്ട് ഗുരുന്തീർ പതിനൊന്നാം അധ്യായം അവിടെ രണ്ടാം രണ്ടും മൂന്നും വാക്യങ്ങളിൽ പൗലൂസ് കൊരിന്തിർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലീയതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നമ്മുടെ ഹൃദയം അത് ക്രിസ്തുവിനോട് ഏകാഗ്രമായിരിക്കണം ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഭക്തി അത് നിർമ്മലമായിരിക്കണം ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഡെവോഷൻ അത് ഏകാഗ്രമായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവദാസന്മാരും നമ്മെ കുറച്ച് കൺസേൺ ഉള്ള ദൈവദാസന്മാരും അതാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവർ അപ്രകാരം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെയ്താൽ പൗലോസും കുരന്തിയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചോളം അവരുടെ ചിതറിയിരിക്കുന്ന അവരുടെ ചിന്തകളിൽ നിന്ന് നിങ്ങൾ ക്രിസ്തുവിനോട് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് അത് ഏകാഗ്രമായിരിക്കണം ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഡിവോഷൻ അത് നിർമ്മലമായിരിക്കണം എന്ന് അവിടെ പറയുന്നു നമ്മെ സംബന്ധിച്ചോളം നമുക്ക് വീണ്ടും അതുതന്നെയാണ് നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ചുറ്റിനും ഈ കാണുന്ന കാര്യങ്ങളുടെയൊക്കെ മധ്യത്തിൽ നമ്മുടെ പല സൗദനങ്ങളുടെയും സഫറിങ്ങിൻ്റെയൊക്കെ മധ്യത്തിൽ ജീവിതം എത്ര ക്ഷണികമാണ് എത്ര താൽക്കാലികമാണ് ഞാനും നമുക്ക് കോട്ടയത്തുള്ള ഈ ആളുകളെ സംബന്ധിച്ചോളം നമുക്ക് ഈ കേരളത്തിൽ നടന്ന ഈ പ്രളയത്തിൻ്റെതായിട്ടുള്ള കെടുതികളുടെ ഇൻറ്റൻസിറ്റി നമുക്ക് വേണ്ടുമണ്ണം നമുക്ക് ഇവിടെ ഉള്ളവർക്ക് അത്രയധികം മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാൽ ഞാൻ ചെങ്ങന്നൂർ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ പല വിദ്യാർത്ഥികളും പല സ്റ്റാഫും അവർ അഫക്റ്റഡായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ കോളേജിൽ നിന്ന് പല ടീമായിട്ട് ഞങ്ങൾ ഈ അഫക്റ്റഡ് ആയിരിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ സ്റ്റാഫിൻ്റെ വീടുകളിലൊക്കെ ഞങ്ങൾ പോകുകയായിരുന്നു പോയപ്പോൾ ഞാനും കൂടെ പോയ സമയത്ത് ചെങ്ങന്നൂരിൽ ഇടയ ആറാട്ടുപുഴ ബുധനൂർ ഇങ്ങനെയുള്ള പല പല ഇടനാട് പാണ്ഡനാട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇപ്പോഴും ഒരു യുദ്ധം കഴിഞ്ഞ ഒരു പ്രതീതിയാണ് എല്ലാ മതിലുകളും ഇടിഞ്ഞു കിടക്കുന്നു വീടുകളൊക്കെ അതിൻ്റെ പല കാര്യങ്ങൾ ശിഥിലമായിരിക്കുന്നു ആളുകളൊക്കെ ഞാൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവന് അവൻ്റെ പുസ്തകങ്ങൾ യൂണിഫോം എല്ലാം പുറത്ത് കിടക്കുന്നു എല്ലാം നനഞ്ഞു ഒരു സിംഗിൾ സ്റ്റോറി വീടാണ് എങ്ങനെയോ ജീവനും കൊണ്ട് അവർ രക്ഷപെട്ടു ഒന്നും അവർക്ക് വീട് മുഴുവൻ വെള്ളം വെള്ളം കൊണ്ട് നിറഞ്ഞു അവരിപ്പോൾ ഈ കഴിഞ്ഞ് കാര കാര്യങ്ങൾ ഇത്രയും കഴിഞ്ഞ ശേഷവും ഇപ്പോൾ അവർ വീട്ടിൽ നിന്ന് അവരുടെ ആ തുണികളൊക്കെ ഇപ്പോഴും കുറച്ച് നനഞ്ഞിരിക്കുന്നു അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കുറേ എണ്ണം കൂട്ടിയിട്ട് കത്തിക്കുന്നു വീട്ടിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഒരു ചിത്രമാണ് ഈ ചുറ്റിനുമുള്ള പല പ്രദേശങ്ങളിലും അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ എത്ര എത്ര പെട്ടെന്നാണ് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അനേകരുടെ സ്വപ്നങ്ങൾ ഡ്രീംസ് അവരുടെ എല്ലാം മാറിപ്പോയത് എത്ര എത്ര പെട്ടെന്നാണ് ഞാൻ ഇത് പല ഉൾക്കാഴ്ചകൾ ലോകത്തിലുള്ള മനുഷ്യർക്കും കിട്ടി ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ആരോ എനിക്ക് എന്നെ ഒന്ന് കേൾപ്പിച്ചു മലബാറ സൈഡിൽ നിന്നോ മറ്റോ ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നു ഞാന് എൻ്റെ വീട്ടിൽ അപ്പം കഴിഞ്ഞ കുറേ എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ മേടിക്കുമ്പോൾ ഒരു ലക്ഷത്തിൻ്റെ സെറ്റി ടെലിവിഷൻ സ്റ്റാൻഡും പിന്നെ അതിൻ്റെ ഇതെല്ലാം കൂടെ അതിന് എഴുപത്തയ്യായിരം ഒരു ലക്ഷത്തിൻ്റെയാണ് ആ സ്റ്റാൻഡൊക്കെ ഞങ്ങൾ മേടിച്ച് ഡൈനിങ് ടേബിൾ അതുപോലെ മുക്കാൽ ലക്ഷം ഒരു ലക്ഷത്തിൻ്റെ ഡൈനിങ് ടേബിൾ എല്ലാം ഇങ്ങനെ വച്ചു എഴുപത് മുതൽ എഴുപതാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൻ്റെ പിതാവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന അന്നത്തെ പാത്രങ്ങൾ അതും ഇപ്പോൾ എൻ്റെ അമ്മ അവിടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കൊണ്ടുവന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ അതും ഷെൽഫിലുണ്ട് ഞാനും ഉപയോഗിക്കുന്നില്ല മറ്റുള്ളവർക്കും ഞങ്ങൾ കൊടുക്കാറില്ല ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ ഈ ഫ്ലഡ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി തറയിലൊരു പായ ഇട്ട് ഒരു അലൂമിനിയം പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ ഉള്ള അത് ഉണ്ടെങ്കിൽ അത് മതി എന്നെനിക്ക് മനസ്സിലായി ബാക്കിയെല്ലാം പോയി ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വളരെ സരസമായിട്ട് ബാക്കിയെല്ലാം ഉപ്പര് കൊണ്ടുപോയി ഫ്ലഡ് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ബാക്കിയെല്ലാം പോയി ഇപ്പം ഇത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ ഇത് മതി ഈ ലോകത്തിലെ മനുഷ്യർക്ക് പോലും പല റിയലൈസേഷൻസാണ് കിട്ടുന്നത് അപ്പം അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഈ തീവ്രത നമ്മുടെ ചുറ്റിനും നമ്മൾ കാണുമ്പോൾ നാമം യഥാർത്ഥത്തിൽ ദൈവമുഖം അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് നാം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ദൈവത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും എന്നാൽ അതിനപ്പുറത്ത് നാം ദൈവമുഖം അന്വേഷിക്കുകയും നമ്മുടെ ഹൃദയം നാം ഏകാഗ്രമാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ ചിന്തിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ആറാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് നമുക്ക് ചേർന്ന് ചിന്തിക്കാം എന്ന് താല്പര്യപ്പെടും മത്തായി ആറാം അധ്യായം മത്തായി ആറാം അധ്യായം അത് ഞാനവിടെ ഒന്ന് എണ്ണി നോക്കിയപ്പോൾ മത്തായി ആറാം അധ്യായത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം പിതാവ് എന്നുള്ള പ്രയോഗമുണ്ട് പന്ത്രണ്ട് പ്രാവശ്യം പിതാവ് അവിടെ പിതാവിനോടുള്ള ഒരു ബന്ധം അവിടെ പല പല വാക്യങ്ങളിൽ നമ്മൾ ഒന്നാം വാക്യം നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ അതുപോലെ മൂന്നാം വാക്യം നാലാം വാക്യം രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നമ്മൾ ഓരോ വാക്യം നോക്കിയാലും ഒന്നും രണ്ടും പ്രാവശ്യം പിതാവ് സ്രഗസ്സനായ പിതാവ് എന്ന് ആ അധ്യായത്തിൽ ആവർത്തിച്ചിരിക്കുന്നു അപ്പോൾ പിതാവിനോടുള്ള ഒരു ബന്ധം പിതാവിനോടുള്ള ഒരു ബന്ധത്തിൽ ദൃഢമായ ഒരു ക്രിസ്തീയ ജീവിതം ആ ജീവിതം ആണ് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നു ഈ അധ്യായത്തിലും ആ കാര്യം തന്നെയാണ് പറയുന്നത് അങ്ങനെ പിതാവിനോട് നമുക്ക് ആ രീതിയിൽ വ്യക്തിപരമായി ഒരടുപ്പവും ഒരു ബന്ധവും നമുക്കുണ്ടെങ്കിൽ നാം ഒന്നിനെ നമ്മൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല എന്ത് തിന്നും മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് ഇങ്ങനെ വിചാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മെ സംബന്ധിച്ചോളം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് കഴിയും പിതാവിനോടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും എന്നൊക്കെയാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഈ പിതാവിനോടുള്ള ഏകാഗ്രമായ ഒരു ബന്ധത്തിന് തടസ്സമായിട്ട് എന്തൊക്കെയാണ് എന്നുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായ പല കാര്യങ്ങൾ ഈ മത്തായ എഴുതിയ ഈ സുവിശേഷം ഈ ആറാം അധ്യായത്തിലുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള പിതാവിനോടുള്ള ഏറ്റവും അടുത്ത പിതാവിനോടുള്ള ഈ ബന്ധത്തിൽ നമുക്ക് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഇവിടെ നമുക്ക് മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനായിട്ട് കഴിയും ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനായിട്ട് കഴിയുന്നത് എൻ്റെ ഹൃദയം എവിടെയാണ് എൻ്റെ ഹൃദയം എവിടെയാണ് എൻ്റെ ഹൃദയം എവിടെയാണ് എന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് അതിനോട് ചേർത്ത് ചോദിക്കാനായിട്ട് പറ്റും എന്റെ നിക്ഷേപം എവിടെയാണ് ഇത് രണ്ടും ഒരേ ചോദ്യത്തിൻ്റെ അനുബന്ധമായ ചോദ്യങ്ങളാണ് എൻ്റെ ഹൃദയം എവിടെയാണ് നിന്റെ ഹൃദയം എവിടെയാണ് നിന്റെ നിക്ഷേപം എവിടെയാണ് മറ്റൊരു ചോദ്യം നിന്റെ ഈ കാര്യം നിന്റെ ഹൃദയം എവിടെയാണ് എന്നുള്ളത് ആ ചോദ്യത്തിന്റെ അടിസ്ഥാനം ഇരുപത്തിയൊന്നാം വാക്യത്തിലാണ് നിന്റെ നിക്ഷേപം ഉള്ളെടുത്ത് നിന്റെ ഹൃദയം ഇരിക്കും അപ്പോൾ നിന്റെ ഹൃദയം എവിടെയാണ് അല്ലെങ്കിൽ നിന്റെ നിക്ഷേപം എവിടെയാണ് അതിനെ തുടർന്ന് നമ്മൾ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് കണ്ണിനെ കുറിച്ചാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം നിന്റെ ലക്ഷ്യം എവിടെയാണ് നിന്റെ ഫോക്കസ് എന്തിലാണ് നീ എന്തിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിന്റെ കണ്ണ് എവിടെയാണ് നിന്റെ ലക്ഷ്യം എവിടെയാണ് മൂന്നാമതായിട്ട് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനായിട്ട് കഴിയുന്നത് നിന്റെ യജമാനൻ ആരാണ് നിന്റെ യജമാനൻ ആരാണ് നീ ആരെയാണ് സേവിക്കുന്നത് ഇരുപത്തിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നു രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല അപ്പൊ നമുക്ക് പിതാവിനോടുള്ള ഇപ്രകാരമുള്ള ഒരു അടുത്ത ബന്ധം ഒരു സുതാര്യമായ ബന്ധം പിതാവിൽ ആശ്രയിച്ച് നമുക്ക് ഒന്നിനും ആശങ്കപ്പെടാത്ത ഒരു ജീവിതം അങ്ങനെ സ്വസ്ഥതയുള്ള ഒരു ജീവിതം ആ ജീവിതത്തിന് നമുക്ക് തടസ്സമായിട്ടുള്ളത് പലപ്പോഴും നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ഹൃദയം നമ്മുടെ നിക്ഷേപം നമ്മുടെ ഫോക്കസ് ആ രീതിയിലുള്ള നമ്മുടെ അന്വേഷണം അല്ലെങ്കിൽ നാം ആരെ സേവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ നാം ആദ്യം അഡ്രസ് ചെയ്യേണ്ടിയിരിക്കും അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഹൃദയം എവിടെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ നിന്റെ നിക്ഷേപം ഉള്ളെടുത്താണ് നിന്റെ ഹൃദയം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 നിന്റെ നിക്ഷേപം ഉള്ളെടുത്ത് നിന്റെ ഹൃദയവും ഇരിക്കും നമ്മൾ ഈ കടന്നുപോയ സാഹചര്യങ്ങളുടെയൊക്കെ മധ്യത്തിൽ നമ്മൾ നോക്കുമ്പോഴാണ് എത്ര പെട്ടെന്നാണ് ഞാൻ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് പല പല പല കാര്യങ്ങളും എത്ര പെട്ടെന്നാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു നിസ്സാരത്വം നമ്മൾ കാണുന്നത് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ ഒരിക്കൽ ഇവിടെ ഇയാൻ ബ്രദർ വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം ഒരു കാർപ്പൻ്റർ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഒരിക്കലൊരു മേ ഒരു അലമാരി നോക്കാനായിട്ട് പോയപ്പോൾ നല്ല അലമാരിയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് സെക്കൻഡ് ഹാൻഡായിട്ടുള്ളൊരു അലമാരി മേടിക്കാനായിട്ട് പോയപ്പോൾ അപ്പോൾ അലമാരി തുറന്ന് നോക്കി അദ്ദേഹം ഒന്ന് തുറന്നു നോക്കി ഒന്ന് പരിശോധിച്ചു അപ്പോൾ നല്ല മനോഹരമായിരിക്കുന്നു നല്ല പോളിഷ് ഒക്കെ ഉണ്ട് മനോഹരമായിരിക്കുന്നു പക്ഷേ അദ്ദേഹം ഒന്ന് തുറന്ന് അദ്ദേഹം ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്നുണ്ട് അത് അത് പൊടിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി അതിനകത്ത് മുഴുവൻ ചെതലരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ നമ്മൾ ഏറ്റവും പ്രിയപ്പെടുന്ന പല കാര്യങ്ങൾ പോലും പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് അത് പുഴു പുഴു എന്ന് പറയുന്നത് ചെതല് പോലെ അത് അരിച്ചു കളയാവുന്നതാണ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തുരുമ്പെടുക്കാവുന്നതാണ് നമ്മുടെ ചില വാഹനങ്ങളൊക്കെ നമുക്കറിയാം പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് ചില ചില ഭാഗങ്ങളിൽ അത് കുഴി വരുന്നു അല്ലെങ്കിൽ ചില സാധനങ്ങൾ അത് പെട്ടെന്ന് തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ പൂട്ടിവെക്കുകയാണ് ഇത് നഷ്ടപ്പെട്ടു പോകരുത് കാര്യം കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോകാം അപ്പം നമ്മുടെ ഈ ഭൂമിയിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ പുഴു അല്ലെങ്കിൽ തുരുമ്പ് അല്ലെങ്കിൽ കള്ളൻ ഇതെടുത്തുകൊണ്ട് പോകുവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം അത് സ്വർഗത്തിലായിരിക്കണം ഈ ഭൂമിയിലായിരിക്കരുത് ഈ പറയുന്നത് ഇത് ഭൗതികമായ നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മുടെ വസ്തുക്കൾ എന്നതിനെ മാത്രമല്ല നമ്മുടെ നിക്ഷേപം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾ എന്തിനാണ് വില കൊടുക്കുന്നത് എന്തിനാണ് എന്തിനാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ഹൃദയത്തിലെ താല്പര്യം എന്താണ് അവർ അവർ കർത്താവിനെ അറിയണം അവരെത്രയും പെട്ടെന്ന് രക്ഷിക്കപ്പെടണം കർത്താവിനോടുള്ള ബന്ധത്തിൽ അവർ വളരണം അതാണോ അവർ പഠിച്ച് ഏറ്റവും നല്ല സ്ഥാനത്തെത്തണം അവരുടെ ഏറ്റവും നല്ല ശമ്പളം കിട്ടണം അവർ ഏറ്റവും നല്ല നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം അവർക്ക് നല്ലൊരു പാവി ഉണ്ടാവണം അതിനപ്പുറത്ത് അപ്പോഴും നമ്മുടെ നിക്ഷേപം നമ്മുടെ ഹൃദയം എന്തിലാണ് നമ്മുടെ ഹൃദയം എവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനായിട്ട് ആത്മീയമായ കാര്യങ്ങൾ ആത്മീയവുമായി നമ്മെക്കുറിച്ച് തന്നെ നമ്മുടെ താല്പര്യം എന്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ചുള്ള കുറവുകൾ എനിക്ക് കണ്ട് എനിക്ക് മനസാന്തരപ്പെട്ട് കർത്താവെ അങ്ങയോട് അടുത്തുള്ള ഒരു ജീവിതം എനിക്ക് വേണം അതാണ് ഞാൻ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂ അനുരൂപമാകുക അങ്ങനെയുള്ള ഒരു ജീവിതം ആ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ആത്മീകമായ അന്വേഷണങ്ങൾ അതിനോട് ചേർന്ന് എൻ്റെ വ്യക്തി ജീവിതം അത് ശരിയാവണം എൻ്റെ കുടുംബജീവിതം എൻ്റെ കുഞ്ഞുങ്ങൾ ആത്മീയ ജീവിതത്തിൽ വളരണം കർത്താവ് ഞങ്ങൾ വ്യക്തിയായി കുടുംബമായി സഭയുടെ ഒരു പണിയിൽ ഞങ്ങൾക്ക് പാകമായി തീരണം ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് സഭ പണിയപ്പെടണം അങ്ങയുടെ നാമം ഉയരണം ഈ കാര്യങ്ങളൊക്കെ ഇതൊന്നും നമുക്ക് ആർക്കും നമ്മിൽ നിന്ന് എടുത്ത് കളയുവാൻ കഴിയുന്നതല്ല ഇതൊക്കെ നിത്യതയോളം നിലനിൽക്കുന്നതാണ് നമ്മൾ പല സദൃശവാക്യങ്ങളിലും അതുപോലെ തന്നെ നാം വായിക്കുന്നുണ്ട് നമ്മൾ പലരെയും നീതിയിലേക്ക് നടത്തുന്നവർ ദാനീയലിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ നമുക്ക് ഈ സത്യങ്ങൾ കേട്ടു നമ്മൾ ഈ സുവിശേഷം കേട്ടു നമ്മൾ ഇത് മറ്റാരോടെങ്കിലും പങ്കുവെക്കുന്നുണ്ടോ നമ്മൾ ആരോടെങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതം കുറെ നാൾ മുമ്പോട്ട് പോയി കുറെ നാൾ മുമ്പോട്ട് പോയിട്ടും മറ്റൊരു വ്യക്തിയോടും സുവിശേഷം നിങ്ങൾ പങ്കുവെച്ചിട്ടില്ല നിങ്ങളെ രക്ഷിച്ച നിങ്ങളെ ഈ കർത്താവിന്റെ സ്നേഹം മറ്റാരോടും നിങ്ങൾ പങ്കുവെച്ചിട്ടില്ല നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മെ സംബന്ധിച്ചോളം ഒരു വ്യക്തി അവൻ ഈ കർത്താവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് രക്ഷയിലേക്ക് വന്ന് ആ രീതിയിൽ കർത്താവിനെ പിൻപറ്റാനായിട്ട് തുടങ്ങുമ്പോൾ അതും നിത്യത നിത്യതയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു വ്യക്തിയുടെ മനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു അപ്പം നമുക്ക് അതിനുള്ള പലതരത്തിലുള്ള ഉപാധികൾ മെറ്റീരിയൽസ് ഒരുപക്ഷെ നേരിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മളിവിടെ പുസ്തകങ്ങൾ പലതും പ്രിന്റ് ചെയ്യുന്നു ഗോസ്പൽ ട്രാക്സ് പലതും പ്രിന്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പം പല നിസ്സംഗരായി എനിക്ക് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ നമ്മൾ അത്ര കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കും എന്നാൽ ആത്മീയമായിട്ടും എനിക്ക് കിട്ടുന്നതൊക്കെ പോരട്ടെ എനിക്ക് ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വരുമ്പോൾ ആ സ സാക്ലറിൻ്റെ സന്ദേശങ്ങൾ ജോജിബറിൻ്റെ സന്ദേശങ്ങൾ എല്ലാം വളരെ നല്ല സന്ദേശങ്ങൾ എല്ലാം എനിക്ക് കേട്ട് ഞാൻ അങ്ങനെ തൃപ്തനായി ഞാൻ അങ്ങനെ സന്തോഷത്തോടു കൂടെ ഞാൻ ഇവിടെ ജീവിക്കുന്നു ആത്മീക ജീവിതത്തിലും ഈ തരത്തിലുള്ള ഒരു തൃപ്തി ഭൗതിക ജീവിതത്തിലും നമ്മൾ ആ രീതിയിൽ നമ്മുടെ നിക്ഷേപം ഈ ഭൂമിയിൽ സ്വരൂപിക്കുന്നു ആത്മീകമായിട്ടും നമ്മൾ നിത്യതയോളം നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയവും നമ്മുടെ അന്വേഷണവും നമ്മൾ വയ്ക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ തരുണത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നാം കേട്ട ദൈവവചനം ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം അത് നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ശോധന ചെയ്യുവാൻ കർത്താവേ എൻ്റെ നിക്ഷേപം എവിടെയാണ് എൻ്റെ ഹൃദയം എവിടെയാണ് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളാർക്കെങ്കിലും വേണ്ടി നിങ്ങളുടെ കോളേജിലോ നിങ്ങളുടെ സ്കൂളിലോ നിങ്ങളുടെ അയൽപക്കത്തോ ആർക്കെങ്കിലും വേണ്ടി കർത്താവെ ഈ വ്യക്തിയും അങ്ങേ അറിയണം അങ്ങനെ സ്നേഹത്തെ അറിയണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി കർത്താവെ അവർ ഈ സ്നേഹം അറിയണം എനിക്ക് അതിനൊരു അവസരം തരണമേ അതിനുവേണ്ടി കുറച്ച് പുസ്തകങ്ങളും കുറച്ച് ട്രാക്റ്റുമൊക്കെ നമ്മൾ മേടിച്ച് വയ്ക്കുന്നു കിട്ടുന്ന ഒരു സമയത്ത് അത് കൊടുക്കുക നമ്മുടെ കയ്യിൽ നമ്മുടെ ബാഗിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ അപ്പം നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സ് നമ്മൾ എന്തിലാണ് വയ്ക്കുന്നത് നമ്മുടെ ഹൃദയം എവിടെയാണ് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് നായിരിക്കുന്ന ഇന്നത്തെ സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന നമ്മുടെ ഹൃദയത്തെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന അപ്പൊ എല്ലാം നമുക്ക് വേറെ ഒന്നിനും സമയമില്ല നമ്മുടെ മൈൻഡ് മനസ്സിങ്ങനെ ബൊമ്പാട് ചെയ്യപ്പെട്ട് ബൊമ്പാട് ചെയ്യുകയാണ് എല്ലാ വാട്സാപ്പ് സന്ദേശങ്ങൾ ഫേസ്ബുക്ക് മെസ്സേജസ് അത് എല്ലാം ഇങ്ങനെ വന്ന് നമുക്ക് മറ്റൊന്നിനും സമയമില്ല ഹൃദയം മറ്റൊന്നിലേക്ക് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാൻ എൻ്റെ മുഖം അന്വേഷിപ്പിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു അപ്പൊ കർത്താവിങ്കിലേക്ക് മുഖം അന്വേഷിക്കണമെങ്കിൽ നമ്മൾ മറ്റ് പലതിൽ നിന്നും മുഖം തിരിക്കണം മറ്റ് പലതിൽ നിന്നും മുഖം തിരിച്ചാലേ കർത്താവിങ്കിലേക്ക് നമുക്ക് മുഖം അന്വേഷിക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പം ഇന്ന് എനിക്ക് കർത്താവിങ്കിലേക്ക് മുഖം തിരിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്താണ് എൻ്റെ ഹൃദയം ഞാൻ എവിടെ വെച്ചിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ അന്വേഷണം എന്താണ് ഞാൻ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിലാണോ എന്റെ നിക്ഷേപം അപ്പൊ എന്റെ നിക്ഷേപം എവിടെയാണ് അവിടെയാണ് എൻ്റെ ഹൃദയമുള്ളത് അപ്പൊ നമ്മുടെ ഹൃദയം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അപ്പം നമുക്ക് എവിടെയാണ് നമ്മൾ നമ്മുടെ നിക്ഷേപം വച്ചിരിക്കുന്നത് ഇതാണ് ഏറ്റവും വിലയുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം ഇതാണ് ഏറ്റവും വിലയുള്ളത് എൻ്റെ എന്നെ സംബന്ധിച്ചോളം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് നിത്യത വരെ നിൽക്കുന്നത് കർത്താവ് ഇത് ഞാൻ അന്വേഷിക്കുന്നു എന്നുള്ളൊരു ഹാർട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ഹൃദയവും അതിനെ ഫോളോ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നമ്മുടെ ഭൗതികമായ വസ്തുക്കൾ നമ്മുടെ പണം നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ ഇന്ന് കേരളത്തിലൊക്കെ നമ്മൾ കാണുന്നത് ലോകമനുഷ്യരായ ആളുകൾ അവരുടെയൊക്കെ ഹൃദയം അവർ അവരുടെ കൈയൊക്കെ വിരിച്ച് പല കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ സഹായിക്കാനായിട്ട് അവർ കാണിക്കുന്ന സന്നദ്ധത അതിനുവേണ്ടിയുള്ള അതൊക്കെ ഒരുപക്ഷെ നമ്മെ കുറച്ച് വെല്ലുവിളിക്കേണ്ടതാണ് നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മൾ കൊടുക്കുന്നതിനെക്കുറിച്ചൊന്നും പറയാറില്ല അപ്പോൾ എന്നാൽ നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ നമുക്കുള്ളതിൽ നിന്ന് നമുക്ക് കർത്താവ് നൽകുമ്പോൾ അത് ഈ രീതിയിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഈ തരത്തിലുള്ളൊരു മനസ്സ് നമുക്കുണ്ട് പലപ്പോഴും ചില ആളുകളെ സംബന്ധിച്ചോളം ചിന്തിക്കുമോ എനിക്ക് പ്രത്യേകിച്ച് അധികം കൊടുക്കാനില്ല ഞാൻ എൻ്റെ കോളേജിൽ ജോലി ചെയ്യുന്നൊരു ഡ്രൈവറുണ്ട് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വീട്ടിലെ പ്രശ്നം അങ്ങനത്തെ പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാനിങ്ങനെ പല വീടുകളിൽ ഞങ്ങൾ പോയപ്പോൾ ഇദ്ദേഹവും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ ആദ്യം ഒരു ഡ്രൈവറിൻ്റെ വേറൊരു ഡ്രൈവറിൻ്റെ വീട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പം ഒരു കൊച്ച് കുടിലുപോലത്തെ ഒരു കൊച്ചു വീട് അത് മുഴുവൻ വെള്ളത്തിലായിപ്പോയി സാധനങ്ങളൊക്കെ പുറത്തിട്ടിരിക്കുന്നു അദ്ദേഹം അത് കണ്ടു അതുകഴിഞ്ഞ് ഇന്നലെ ഞങ്ങൾ രണ്ടാമത് വേർ ഡ്രൈവറിൻ്റെ വീട്ടിൽ ചെന്നു അത് നോക്കിയപ്പോൾ അതും ഒരു കട്ട കെട്ടി ഒരു ചെറിയ കുടിച്ച് അതും ഫുള്ളായിട്ട് വെള്ളത്തിലായി അദ്ദേഹത്തിന് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു ഓടിക്കാനായിട്ട് അദ്ദേഹത്തിന് അനിയനോ മറ്റോ ഓടിക്കും ആ ഓട്ടോയും മുഴുവൻ വെള്ളത്തിലായി അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ എപ്പോഴും ഇല്ല ഇല്ലയെന്ന് പറഞ്ഞിരുന്ന ഡ്രൈവർ അദ്ദേഹം പറഞ്ഞു ഇപ്പം ഞാനാണല്ലോ കുറച്ചുകൂടെ ഭേദം അപ്പോൾ അദ്ദേഹത്തിനും എന്നാൽ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാം എന്നുള്ളൊരു താല്പര്യമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്ന് പലപ്പോഴും നമ്മളിത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് നമ്മളെ ഒത്തിരി ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ മറ്റ് പല ചർച്ചകളിൽ നിന്നും പല സഹോദരങ്ങളും ഈ കേരളത്തിലെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി അവരും മറ്റുള്ളവരെ സഹായിക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചില ദിവസങ്ങളിൽ മറ്റ് തൃശ്ശൂരും കോഴഞ്ചേരിയും അവിടെയും ഇവിടെ ഒക്കെയുള്ള ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടിയ സഹോദരങ്ങൾക്ക് ആ രീതിയിൽ മറ്റു പല സഹോദരങ്ങളുടെയും ഉത്സാഹം കൊണ്ട് ആ രീതിയിൽ അങ്ങനെ കുറേയൊക്കെ സഹായിക്കാനായിട്ട് പറ്റി നമുക്ക് തുടർന്നും എന്തെങ്കിലും ആ കാര്യത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ സ്പെസിഫിക്കായിട്ട് അങ്ങനെ ഒരു കാര്യം വല്ലതും പറഞ്ഞ് നിങ്ങൾക്ക് എഴുതി ഫ്ലഡ് റിലീഫിന് വേണ്ടി എന്ന് വല്ലതും പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബോക്സിലിടാം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ നമ്മൾ നമുക്ക് നമ്മുടെ ഹൃദയം നമ്മളുടെ നിക്ഷേപം നമ്മുടെ നിക്ഷേപം ഉള്ളെടുത്താണ് നമ്മുടെ ഹൃദയം അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത് നമ്മെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റ് പല കാര്യങ്ങളും പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഫിലിപ്പ്യലേഖന ത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട് ഫിലിപ്പ്യലേഖനത്തിൽ വെയിൻ ഗ്ലോറി നമ്മളൊക്കെ നമ്മുടെ ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെയൊരു രണ്ടാം ഫിലിപ്പിലേഖന രണ്ടാം അധ്യായം മൂന്നാം വാക്യം ഡു നത്തിങ് ഫ്രം സെൽഫിഷ്നെസ് ഓർ എം കൺസീറ്റ് But with humility of mind, regard one another as more important than yourself. That's <laughs> how it is. <laughs> Shatthi, durabhimana, durabhimana. That's the same thing in the beginning. This durabhimana is a vainglory. This uh, is uh, an uh, empty uh, conceit. Uh, vainglory. Uh, We uh, do not do something. We do not do something. നമ്മുടെ ഒരു എന്ത് എന്ത് എന്ത് കാര്യത്തിൻ്റെ മധ്യത്തിലും നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ഉള്ളിൽ നമുക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം നമ്മുടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ ഇങ്ങനെ ഒരു വെയിൻ ഗ്ലോറിക്കായിട്ട് ഒന്ന് ഞാൻ ഒന്നു ചെയ്യേണ്ട ആവശ്യമില്ല ഞാനുള്ള അവസ്ഥയിൽ ഞാൻ തൃപ്തനായിട്ട് എൻ്റെ ഉള്ള അവസ്ഥയിൽ ഞാൻ ജീവിക്കാനാണ് ദൈവവചനം എന്നോട് പറയുന്നത് ഞാൻ ഒരു മനുഷ്യരെ കാണിക്കാനായിട്ട് അവരെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരു വെയിൻ ഗ്ലോറിയായിട്ട് ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ നിക്ഷേപം എവിടെയാണ് അവിടെ തന്നെയാണ് എൻ്റെ ഹൃദയമുള്ളത് അപ്പം നമ്മെ നമുക്കും ഇന്ന് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തിരികെ കൊണ്ടുവന്ന് കർത്താവെ എൻ്റെ ഹൃദയം അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വയ്ക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ എന്നെ സഹായിക്കണമേ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് കർത്താവെ ഉറവകൾ വരുന്നത് എൻ്റെ ഹൃദയത്തെ അവിടെ കൊണ്ടുവയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നവിടെ പറയുന്നു അതുപോലെ തന്നെ ഇവിടെ പറയുന്നു കണ്ണ് ഇരുപത്തിരണ്ടാം വാക്യം ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇഫ് യുവർ ഐ ഇസ് ക്ലിയർ മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഇഫ് യുവർ ഐ ഇസ് സിംഗിൾ അല്ലെങ്കിൽ നിൻ്റെ കണ്ണ് നീ ഒരേ ലക്ഷ്യത്തിലേക്കാണ് നീ നോക്കുന്നതെങ്കിൽ നീ ശരിയായ ദിശയിലേക്കാണ് നീ നോക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിൽ നിൻ്റെ വെളിച്ചം നിൻ്റെ ശരീരം മുഴുവൻ അത് പ്രകാശമുള്ളതായിരിക്കും അല്ലെങ്കിൽ നിൻ്റെ ശരീരം അത് ഇരേണ്ടതായിരിക്കും നിൻ്റെ ജീവിതം ഇരേണ്ടതായിരിക്കും നമ്മെ സംബന്ധിച്ചോളം നാം ഈ ചിന്തിച്ചതിനോടുള്ള ബന്ധത്തിൽ നാം എവിടെയാണ് നാം നമ്മുടെ ഹൃദയം എവിടെയാണ് അവിടെയാണ് അങ്ങോട്ടേക്കാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്കാണ് നമ്മുടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ തുടർന്ന് നമ്മുടെ നോട്ടം നമ്മുടെ ലക്ഷ്യം കർത്താവെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു കൊച്ചു ജീവിതം ആ ജീവിതം നിങ്ങളാരും ആയിക്കൊള്ളട്ടെ നിങ്ങളൊരു വിദ്യാർത്ഥി സ്റ്റുഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വ്യത്യസ്ത സാഹചര്യങ്ങളുടെ മാധ്യത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പറയാം കർത്താവെ ഞാൻ അങ്ങേ നോക്കിക്കൊണ്ട് അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൻ്റെ നിസ്സാരത്തെ നിസ്സാരത ഞാൻ മനസ്സിലാക്കുന്നു കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ കണ്ണ് നാം ശരിയായ ദിശയിലേക്ക് നാം തിരിക്കേണ്ടിയിരിക്കുക അതുപോലെ തന്നെ ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നത് രണ്ട് യജമാനന്മാരെ ആർക്കും സേവിക്കാനായിട്ട് കഴിയുകയില്ല എന്നാണ് അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാനായിട്ട് കഴിയുകയില്ല അപ്പോൾ ഞാൻ ദൈവത്തെ സേവിക്കുമ്പോൾ എനിക്ക് മാമോനെ എന്ന് പറയുമ്പോൾ അത് പണം പണവുമായി ബന്ധപ്പെട്ട ലോകം ലോകത്തിൻ്റെതായിട്ടുള്ള സ്വാധീനം ലോകം തരുന്ന നേട്ടങ്ങൾ ഇതെല്ലാം ഇതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരാം അപ്പം ഞാൻ ആരെയാണ് സേവിക്കുന്നത് ആരാണ് യജമാനൻ ഞാൻ അതിൻ്റെ പുറകെയാണോ അതോ ദൈവമേ അങ്ങ് എന്ത് ആഗ്രഹിക്കുന്നു അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ വിജയപ്പെടുത്തി തരുന്നു നമ്മൾ എബ്രാഹം ലേഖനത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ നമ്മളൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ഇബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ആറാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം ആറാം വാക്യം ഇങ്ങനെയാണ് ആകിയാൽ കർത്താവ് എനിക്ക് തുണാം ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എത്ര ഉറപ്പോടെ ഒരു ക്രിസ്ത്യാനിക്ക് എത്ര ഉറപ്പുണ്ടാവും ഉറപ്പോടു കൂടെ പറയാം ആകിയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്ത് ചെയ്യും ഇന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പിലുള്ള വാക്യം നമുക്ക് അറിയാവുന്നതാണ് അതിന് തൊട്ട് മുമ്പിലുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ എന്നെ ഒരു കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും എന്ന് അവൻ തന്നെ അരളി ചെയ്തിരിക്കുന്നുവല്ലോ അപ്പോൾ കർത്താവ് ഇങ്ങനെ അരളി ചെയ്തിരിക്കുന്നു നീ ഉള്ളത് തൃപ്തിപ്പെടുക നീ ദ്രവ്യാഗ്രഹമില്ലാതെ ആയിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അതിനെ തുടർന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് നമ്മൾ പത്തായി ആറാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഞാൻ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ വയലിലെ പൂവിനെക്കാട്ടിലും ഞാൻ വിലയേറിയവനാണ് എൻ്റെ തലയിലെ മുടിയെല്ലാം ദൈവം എണ്ണിയിരിക്കുന്നു ദൈവം മതിയായവനാണ് ഇവിടെ പറയുന്നു ആകിയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യറിനോട് എന്ത് ചെയ്തു നമ്മൾ തിമത്യൂസ് ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് തിമത്യൂസ് ആറാം അധ്യായം അവിടെ പറയുന്നത് ആറാം വാക്യം മുതൽ നാം വായിക്കുന്നത് തൃപ്തിയോടുകൂടിയ ദൈവഭക്തി അലംഭാവം എന്നാണ് അവിടെ വായിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള അർത്ഥം തൃപ്തിയാണ് ആറാം വാക്യം തൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി അത് വലുതായ ആദായം ആകുന്ന താനും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കൊടുങ്ങുകയും മനുഷ്യർ സംഭാഷണ നാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടുക എന്നാണ് പോലൂസ് തിമത്യോസിനോട് പറയുന്നത് നമുക്ക് പ്രിയ സൗരസൗരന്മാരെ നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ അവസ്ഥ ദൈവത്തിനറിയാം നമുക്കും ദൈവം വെളിച്ചം തരുന്നതിനനുസരിച്ച് നമുക്കും അറിയാം നമുക്ക് നമ്മോട് അതാണ് ചോദിക്കേണ്ടത് കർത്താവ് ഞാൻ ആരെയാണ് സേവിക്കുന്നത് ഞാൻ തനത്തെയും ഈ ലോകത്തിൻ്റെ തരുന്ന മാനത്തെയുമാണോ ഞാൻ സേവിക്കുന്നത് അതോ കർത്താവെ ഞാൻ അങ്ങേ അങ്ങയുടെ ഇഷ്ടം നമ്മൾ ഒരു സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചല്ലോ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും അപ്പോൾ ആ ഭാഗത്തും അവിടെയും ഈ വെയിൻ ഗ്ലോറി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം അവിടെയും പറയുന്നുണ്ട് ഒന്ന് യോഗന രണ്ടാം അധ്യായം അവിടെ പറയുന്നത് ലോകത്തെയും പതിനഞ്ചാം വാക്യം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു ജീവനത്തിൻ്റെ പ്രതാപം എന്നുള്ള ആ പ്രയോഗം അതിന് വെയിൻ ഗ്ലോറി എന്നാണ് ഒരു ട്രാൻസ്ലേഷനിൽ പറയുന്നത് വെയിൻ ഗ്ലോറി നമുക്ക് ആ രീതിയിൽ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ അന്വേഷണത്തെ നമ്മുടെ കണ്ണുകളെ നാം ആരെയാണ് സേവിക്കുന്നത് എന്നുള്ള കാര്യത്തെ ഒക്കെ നമ്മൾ ഒന്ന് തിരികെ ഒന്ന് റീ ഓറിയൻ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഞാൻ എന്നോട് തന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവം എന്നോട് തന്നെ സംസാരിക്കുക നമുക്കും വ്യക്തിപരമായിട്ട് ഇതിൽ നിന്ന് ദൈവം നമ്മോട് ഓരോരുത്തരോട് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏറ്റെടുക്കാം നമ്മൾ അതുപോലെ നമ്മൾ ആരെ സേവിക്കുന്നു എന്നുള്ളതിന് നമ്മൾ പണത്തെയും മാമോനെയും ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പലപ്പോഴും നമ്മൾ നമ്മെ തന്നെ സേവിക്കുന്നവരാണ് നമ്മെ തന്നെ നമ്മുടെ സ്വയത്തെ പ്രീതിപ്പെടുത്താനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്വയത്തെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മുടെ സെൽഫിനെ പ്രീതിപ്പെടുത്താനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു ഇങ്ങനെ വായിച്ചു അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാനത് വായിക്കാം ഞാനത് വായിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം adinishesham malayalathil vaaikkam ad inganeyanu i gave a little tea party yesterday afternoon at 3 it was a very it was very small three guests in all i myself and me myself ate all the sandwiches while i drank the tea it was also i who ate the roll and passed the cake to me നിങ്ങളത് മനസ്സിലായവർ ഞാനത് മലയാളത്തിൽ വായിക്കാം ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഞാൻ ഒരു ചെറിയ ചായ സൽക്കാരം നടത്തി അത് വളരെ ചെറുതായിരുന്നു മൂന്ന് അതിഥികളെ ഉണ്ടായിരുന്നുള്ളു ഞാൻ ഞാൻ തന്നെ ഞാനും ഞാൻ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ചായ മുഴുവനും കുടിച്ച് തീർത്തു ഞാനും റോൾ തിന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ തന്നെ എനിക്ക് കേക്ക് നീട്ടി തന്നു ഇതിപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ ഇത് കുറച്ച് എക്സാജറേഷൻ പോലെ നമുക്ക് തോന്നാം പക്ഷേ നമ്മുടെ ജീ ചിന്തയിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അത് ഞാൻ ഞാൻ തന്നെ എന്നിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു ജീവിതമാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ സേവിക്കുന്നത് എന്നെ തന്നെയാണ് ഞാൻ എന്നെ തന്നെയാണ് സേവിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമല്ല ചെറിയ കാര്യങ്ങളിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ സംസാരിച്ചു എന്നെ നോയിച്ചു എനിക്ക് ഇത് നമ്മുടെ എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ നമ്മുടെ സ്വയം നമുക്ക് ഞാൻ ആരെയാണ് സേവിക്കുന്നത് ഞാൻ എന്നെയാണോ എന്നെ തന്നെയാണോ ഞാൻ സേവിക്കുന്നത് അതോ ഞാൻ എനിക്കുള്ള അതിനെ എൻ്റെ പണത്തെ എങ്ങനെ കുറച്ചുകൂടെ പണമുണ്ടാക്കാം ഈ ലോകത്തിൻ്റെ ധനവാനാകുവാൻ ഉള്ള ആഗ്രഹത്തിൻ്റെ പുറകെ പുറമേ മാമോനെയാണോ ഞാൻ സേവിക്കുന്നത് അതോ ഞാൻ എന്നെ തന്നെയാണോ ഞാൻ സേവിക്കുന്നത് നമുക്ക് പ്രസക്തമായ പല ചോദ്യങ്ങളാണ് നാം പലപ്പോഴും ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനൊക്കെ ചിലപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നല്ലതാണ് ഞാൻ അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും അവിടെയും നമ്മുടെ ഹൃദയം ഒത്തിരി കപടമാണ് ഞാൻ സ്റ്റാൻലി ജോൺസ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം നുഭവം ആണോ ഒരു സംഭവകഥയാണോ എന്ന് എനിക്ക് ശരിക്കറിയില്ല അപ്പോൾ അദ്ദേഹം ഒരിക്കലൊരു കർഷകൻ കർഷകൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു പശു ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ ജോജി പെർവൻറ്റെ പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നും അദ്ദേഹത്തിന് പശു ഉണ്ടായിരുന്നു അപ്പോൾ പശുവിന് രണ്ട് കുട്ടികളുണ്ടായി ഒരു ചുവന്ന പശു മറ്റൊരു വെളുത്ത പശു അപ്പോൾ രണ്ട് കുട്ടികളുണ്ടായപ്പോൾ ഈ കർഷകൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇതിൽ ഒരു പശുവിന് ദൈവത്തിന് കൊടുക്കും അപ്പോൾ ഒരു പശുവിന് ദൈവത്തിന് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു അത് ഏത് ഏത് പശു ആ ഏത് പശുവാ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം അത് ഇത് വളർന്ന് വിൽക്കുമ്പോഴാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പം അത് പിന്നെ തീരുമാനിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറെ കഴിഞ്ഞു കുറെ കഴിഞ്ഞു പശുക്കളൊക്കെ നല്ല വളരാൻ തുടങ്ങി ഒരു ദിവസം ഈ കർഷകൻ വളരെ വിഷണ്ണ മുഖഭാവത്തോടെ ഈ തൻ്റെ അടുക്കളയിലേക്ക് വന്ന് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു ദൈവത്തിന്റെ പശു ചത്തുപോയി അപ്പൊ പിന്നെ ഭാര്യ ചോദിച്ചു അത് പിന്നെ നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ ദൈവത്തിന്റെ ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചില്ലായിരുന്നല്ലോ അന്ന് പറഞ്ഞത് പിന്നെ തീരുമാനിക്കുന്നു അല്ല ഞാൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു ആ ചുവന്ന പശു ചത്ത പശു അതാണ് ദൈവത്തിന് കൊടുക്കാൻ ഞാൻ നേരത്തെ ഉള്ളി തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അപ്പൊ സ്റ്റാൻലി ജോൺസ് പറഞ്ഞത് നമ്മുടെ ഹൃദയം എത്ര ക കപടമാണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല നമ്മളെപ്പോഴും ഇങ്ങനെ രക്ഷപ്പെട്ട് പോകാനായിട്ട് എസ്കേപ്പ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് പ്രിയ സുരസര്മാർ നമ്മെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മൾ എവിടെയാണ് ഞാൻ എൻ്റെ ഹൃദയം എവിടെയാണ് എൻ്റെ നിക്ഷേപം ഉള്ളിടത്താണ് എൻ്റെ ഹൃദയം നമ്മുടെ നിക്ഷേപം എവിടെയാണ് ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ വില നമ്മുടെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ട്രഷർ ഞാൻ ഏറ്റവും കൂടുതൽ വില എന്താണ് ദൈവം ദൈവത്തിൻ്റെ മ ഇഷ്ടം ദൈവത്തെ പ്രീതിപ്പെടുത്തുക ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വർദ്ധിച്ചു വരണം ക്രിസ്തുവിൻ്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വളരണം അവിടെയാണോ ഞാൻ എൻ്റെ നിക്ഷേപം ഞാൻ വയ്ക്കുന്നത് എനിക്ക് തന്നിരിക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ അതിൽ ഞാൻ എൻ്റെ നിക്ഷേപത്തെ കണ്ടെത്തിയിട്ടുണ്ടോ നമുക്ക് ുള്ള ഒരുപക്ഷെ നമുക്ക് നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടാവും ചില നമുക്കൊരു വീടുണ്ടാവാം വാഹനമുണ്ടാവാം നമുക്ക് സ്വത്ത് സ്വത്ത് സ്വത്തുണ്ടാവാം എന്നാൽ ഇതിൻ്റെ കാവൽക്കാരാണ് നാം എന്നുള്ള ബോധ്യത്തോടെ കർത്താവെ അങ്ങ് എപ്പോൾ ചോദിച്ചാലും കൊടുക്കാനുള്ള സന്നദ്ധതയോടെ യാഗപീഠത്തിൽ വെച്ച് എൻ്റെ വസ്തു യാകപപീഠത്തിൽ എൻ്റെ എനിക്ക് തന്നിരിക്കുന്നതെല്ലാം യാകപീഠത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ യാകപീഠത്തിൽ കർത്താവ് എപ്പോൾ അങ്ങ് ചോദിച്ചാലും ഞാൻ തരുവാൻ ഞാൻ സന്നദ്ധനാണ് ഇതിൽ നിന്ന് എനിക്ക് തന്നതിൽ നിന്ന് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ദൈവത്തിന് കൊടുക്കുവാനും ദൈവസഭയ്ക്ക് ആവശ്യങ്ങൾക്കും എല്ലാത്തിനും തുറന്ന ഒരു ഹൃദയം തുറന്ന ഒരു കൈകൾ എനിക്ക് നൽകണമേ എൻ്റെ ഹൃദയം ഇവിടെയല്ല എൻ്റെ ഹൃദയം നില നിലനിൽക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയം വയ്ക്കുവാൻ സഹായിക്കണമേ എൻ്റെ അന്വേഷണം എൻ്റെ കണ്ണുകൾ എൻ്റെ ലക്ഷ്യം അതും കർത്താവെ എൻ്റെ ഹൃദയം വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളിലേക്ക് ഞാൻ പോകട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരു നാൾ പോഷനായി മൂഢ എന്നുള്ള അങ്ങയുടെ വിളി മൂഢ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് എനിക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം നമുക്ക് മൂഢ എന്ന് വെച്ച് വിളിച്ച് ആ വിളി നമുക്ക് പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞ ആ ഭാഗത്ത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും ഞാനൊരു മൂഢനായി പോകരുത് ഞാനൊരു പോഷനായി പോകരുത് കർത്താവെ അതുപോലെ നാം ആരെയാണ് സേവിക്കുന്നത് ഏത് യജമാനനെയാണ് ആരാണ് നമ്മുടെ യജമാനൻ കർത്താവെ അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ തന്നെയാണോ സേവിക്കുന്നത് അതോ എനിക്കുള്ള ഈ കാര്യങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു പോറൽ വീഴുമ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് ആരെങ്കിലും തൊട്ട അതാണോ എനിക്ക് ഏറ്റവും വലിയ മുറിവുണ്ടാക്കുന്നത് അതോ ഞാൻ ദൈവത്തെയാണോ ദൈവത്തിൻ്റെ ഇഷ്ടത്തെയാണോ ഞാൻ പിൻപറ്റുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ രീതിയിൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനങ്ങൾ നമ്മെ ആ രീതിയിൽ ദൈവത്തിങ്കിലേക്ക് ഉള്ള ഒരു ഏകാഗ്രതയിലേക്ക് നമ്മുടെ ഹൃദയം വരുവാനായിട്ട് ഈ ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാനും എനിക്കും മാനസാന്തരപ്പെടുവാനായിട്ടുള്ള പല എനിക്കും കാണുവാനായിട്ട് പറ്റി നമുക്കും ആ രീതിയിൽ കൊണ്ടുവന്ന് കർത്താവെ എൻ്റെ ഹൃദയം ഞാൻ അങ്ങിലേക്ക് ഏകാഗ്രമാക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പറയുകയും നമുക്ക് ആ രീതിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം നമുക്ക് ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടിയ ശേഷം